ഗ്രാമീണരിലുണ്ടായി ചിലർ തങ്ങൾ ചെലവഴിക്കുന്നത് ഒരു ബാധ്യതയായി കരുതുകയും നിങ്ങൾക്ക് വിപത്തുകൾ സംഭവിക്കാൻ കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നാൽ വിപത്ത് അവർക്കു തന്നെയാകും സംഭവിക്കുക അള്ളാഹുസുബഹാനുഭൂവത്ത് ആല എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്